ചതുർത്ഥസ്കന്ധം അവസാനമാവുമ്പോ പ്രാചീന ബർഹിസിന്റെ പ്രാചീന ബർഹിസ് എന്ന പ്രജാപതിയുടെ പുത്രന്മാരായ പ്രചേതസ്സുകൾ ആ പ്രചേതസ്സുകൾക്ക് പ്രചേതസ്സുകളെ സൃഷ്ടി ചെയ്യാനായിട്ട് പ്രാചീന ബർഹീസ് പറഞ്ഞു അവർ തപസനായിട്ട് പോയി തപസനായിട്ട് പോകുമ്പോ വഴിയിൽ വെച്ച് ശ്രീപരമേശ്വരന്റെ ദർശനമുണ്ടായി ഗോകർണത്തിൽ വെച്ച് പരമേശ്വരൻ ശിവന്റെ ദർശനമുണ്ടായി ശിവൻ ഇവർക്ക് യോഗാദേശം ഉപദേശിച്ചു കൊടുത്തു रुद्रगीतम എന്ന് നമ്മൾ പറയുന്നു അതിന് യോഗാദേശം ഭഗവത് സ്തവം എന്ന് രണ്ടു പേര് ഭാഗവതത്തെ തന്നെ യോഗാദേശം എന്നും ഭഗവത് സ്തവം എന്നും പേര് ഇവിടെ ഭട്ടതിരി ഭഗവത് സ്തവം എന്നുള്ള പേരിനെ എടുത്തുകൊണ്ട് പറഞ്ഞു ഇവർക്ക് ഭഗവത്ഭക്തന്മാരിൽ ഭാഗവതാനാം ശംഭുഹു ഭക്തന്മാരിൽ ശ്രേഷ്ഠനായ വൈഷ്ണവാമ യഥാശംഭു അങ്ങനെയുള്ള ശംഭു ഇവിടെ ഭഗവത്സ്തവം ഉപദേശിച്ചു കൊടുത്തു എന്ന് പട്ടത് ഇവിടെ തഥാത്തീർത്ഥമി സമാഗതോത്സേവകർശനൃത പ്രകാശമാസാദ്യപുര പ്രചേതസം ഉപാതിശദ്തം തവസ്തം ഭക്തമ തവസ്തവം സ്തവം ഇവിടെ ഭഗവത് സ്തവം യോഗാദേശം ഇതൊക്കെ രുദ്രഗീതത്തിനുള്ള പേരുകളാണ് രുദ്രഗീതത്തിലെ ഭഗവാന്റെ മന്ത്രം ഭഗവാന്റെ ദിവ്യരൂപം ഭഗവാനെ പ്രാപിക്കാനുള്ള വഴികൾ എല്ലാം ഒരു ഗുരു ഉപദേശം കൊടുക്കുമ്പോ മന്ത്രോപദേശം ധ്യാനിക്കാനുള്ള രൂപോപദേശം ഭഗവാന്റെ തത്വം ഇത് മൂന്നും പറഞ്ഞു കൊടുക്കണം ഇത് മൂന്നും ഭഗവാൻ രുദ്രൻ ഇവർക്ക് പറഞ്ഞുകൊടുത്തു ഇതിനിടയിൽ നാരദ മഹർഷി പ്രാചീന ബഹിസ്യനെ കാണാനായിട്ട് ചെന്നു ഇയാള് കർമ്മകാണ്ഡപ്രിയനാണ് വേദത്തിലെ കർമ്മകാന്ഡം ചിത്തശുദ്ധിക്കുള്ളതാണ് പരമാത്മതത്വ സാക്ഷാത്കാരത്തിനെ ലക്ഷ്യമെന്ന് അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതാണ് കർമ്മകാന്ഡം വേദത്തിലെ കർമ്മകാന്ഡം മാത്രമല്ല ലോകത്തിലെ കർമ്മങ്ങളൊക്കെ തന്നെ അങ്ങനെ ചെയ്താൽ ചിത്തം ശുദ്ധമായി ഈശ്വര സാക്ഷാത്കാരത്തിന് ജീവൻ പക്വപ്പെടും എന്തു കർമ്മവും അടുക്കളപ്പണി മുതൽ വൈദിക കർമ്മങ്ങൾ വരെ ഏത് കർമ്മവും ഈശ്വര ലക്ഷ്യം എന്ന് കരുതിക്കൊണ്ട് നിഷ്കാമ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചിത്രം ശുദ്ധമാക്കി നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കും അതറിഞ്ഞിട്ടില്ലെങ്കിൽ ഏത് കർമ്മവും കർമ്മം കർമ്മത്തിന് വേണ്ടി ഫലത്തിനു വേണ്ടിയാവുമ്പോൾ അല്ലെങ്കിൽ അഭിമാനത്തിന് കേവലമായ അഭിമാനത്തിന് വേണ്ടിയാവുമ്പോ കർമ്മം പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുത്ത് വരും ഈ പ്രാചീന ബർഹിസ്സിന് ലക്ഷ്യമെന്താന്നറിയാത്തത് യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് നാട് മുഴുവൻ ദർഭവരിച്ചു അങ്ങനെയാണ് ഈ പ്രജാപതിക്ക് പ്രാചീന എന്ന് പേര് വന്നത് ബർഹിസ് എന്ന് വെച്ചാ ദർഭവരിക്കർഭ ദർഭ വിരിച്ച് വിരി വിരിച്ച് ഇയാൾക്ക് പ്രാചീന പർഹീസ് അങ്ങനെ എത്രയോ യാഗങ്ങളിൽ പശുഹിംസയും മറ്റുമൊക്കെ ചെയ്തിട്ട് ഇയാൾ അതൊന്നും അറിയണില്ല അജ്ഞാനം കാരണം നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യര് അജ്ഞാനം കൊണ്ട് തെറ്റേ ചെയ്യും നല്ല മനുഷ്യൻന്ന് വെച്ചാൽ തെറ്റ് ചെയ്യില്ലാന്ന് അർത്ഥം ഇല്ല അറിവില്ലാത്തവൻ നല്ലവനായാലും ചീത്തയായാലും അബദ്ധം ചെയ്യും അപ്പൊ പ്രാചീന പർഹീസിന്റെ നന്മ കാരണം നാരദ മഹർഷി റാചീന ബർഹീസിന് തത്വബോധനം ചെയ്യാനായിട്ട് വന്നു എന്നിട്ട് പുരഞ്ജനോപാഖ്യാനം എന്നൊരു കഥ റാചീന ബർഹീസിന് പറഞ്ഞു കൊടുത്തു പുരഞ്ജനം എന്ന് വെച്ചാൽ ഈ ജീവൻ തന്നെയാണ് പുരഞ്ജനം ശരീരമാവുന്ന പുരം ഒമ്പത് ദ്വാരമുള്ള പുരം ഇതിനെ കുടിലായിട്ട് പറഞ്ഞു അരുണഗിരിനാഥൻ ഈ ശരീരത്തിന് ഒമ്പത് ദ്വാരങ്ങളുള്ള കുടില് ഒമ്പത് ജനലുള്ള കുടില് ജാലകങ്ങളുള്ള കുടില് എല്ലുകളാവുന്ന മുളയും മാംസകങ്ങളാവുന്ന ഓലമേഞ്ഞ് രക്തം കൊണ്ട് നിറച്ചിട്ടുള്ള കുടില് എന്നാണ് ആ ശരീരമാവുന്ന പുരത്തില് ഈ പുരഞ്ജനൻ എന്ന് പറയുന്ന ജീവൻ പ്രവേശിച്ചു ആ പുരത്തിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീയുമായി രമിച്ചു ആ സ്ത്രീ മായ അഥവാ മനസ്സ് ഇങ്ങനെ പോകുന്നു പുരഞ്ജനന്റെ കഥ പുരഞ്ജനന്റെ കഥ ഭട്ടതിരിയും ഇവിടെ വിസ്തരിച്ചില്ല നമ്മളും വിസ്തരിക്കാൻ പോകണില്ല അതൊക്കെ ഭാഗവതം പറയുമ്പോൾ വിസ്തരിക്കാം ഈ പുരഞ്ജനൻ എന്ന് പറയുന്ന ജീവൻ ഈ ശരീരമാവുന്ന പുരത്തിൽ കയറി ആ പുരത്തിനെ താനെന്ന് അഭിമാനിച്ച് സ്ത്രീയായിട്ടും പുരുഷനായിട്ടും അനേക ജന്മങ്ങൾ കഴിഞ്ഞുപോയി ഓരോ ജന്മത്തിലും ഓരോ ഐഡിയ താത്മ്യം ഈ ജീവനായിട്ട് ഒരു സ്വഭാവമില്ല സ്പടികം ഇപ്പൊ നമ്മളെ ശിവലിംഗമൊക്കെ സ്ഫടികലിംഗം വെച്ച് പൂജിക്കും സ്ഫടികലിംഗത്തിന് കളറൊന്നുമില്ല അതിന് പുറകിൽ ചോപ്പ് കളർ വെച്ചാൽ അത് ചോപ്പായിട്ടിരിക്കും നീല കളർ വെച്ചാൽ നീലയായിട്ടിരിക്കും പച്ച കളർ വെച്ചാൽ പച്ചയായിട്ടിരിക്കും അതുപോലെ ഈ ജീവൻ ഒരു ജന്മത്തില് താൻ നായി ശരീരത്തിനെ താനെന്ന് കരുതിയാൽ നായി പൂച്ചയുടെ ശരീരം താനെന്ന് കരുതിയ പൂച്ച സ്ത്രീയുടെ ശരീരം താനെന്ന് കരുതിയ സ്ത്രീ പുരുഷന്റെ ശരീരം താനെന്ന് കരുതിയ പുരുഷൻ ഇങ്ങനെ അനേക ജന്മങ്ങൾ അനേകം ശരീരത്തിനെ താനെന്ന് അഭിമാനിച്ച് ചുറ്റി ചുറ്റി ചുറ്റിക്കറങ്ങി ഈ ജീവന്റെ പുറകിൽ തന്നെ ഒരാള് നടക്കുന്നുണ്ട് ഈ ജീവന്റെ യഥാർത്ഥ സ്വരൂപം അത് ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നില്ല ആ സ്വരൂപത്തിന് ഒരു കളങ്കവും ഇല്ലാതെ നടക്കുന്നു അതാണ് അവിജ്ഞാത സഖ എന്ന് ഭാഗവതം പറഞ്ഞത് അവിജ്ഞാത സഖാവായിട്ട് സർവേശ്വരൻ കൂടെ നടക്കണം ഒരു ഘട്ടം എത്തുമ്പോൾ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഗുരുവായിട്ടോ അവ്യക്തമായ അനുഭൂതിയായിട്ടോ പ്രത്യക്ഷപ്പെട്ട് ഈ ജീവനെ തട്ടി ഉണർത്തും എന്തിനായി ദുഃഖിക്കുന്നത് താൻ പുരഞ്ജനനൊന്നുമല്ല നീ സ്ത്രീയുമല്ല നീ പുരുഷനുമല്ല നീ ജന്തുവുമല്ല നീ ശരീരമേ അല്ല തനിക്കും എനിക്കും തമ്മിൽ യാതോ ഒരു ഭേദമില്ല നമ്മൾ രണ്ടും ഒന്ന് അറിവുള്ളവർ നമുക്ക് തമ്മിൽ ഒരു ഭേദവും കാണുന്നില്ല ഒരു ഛിദ്രം പോലും കാണുന്നില്ല നമുക്ക് തമ്മിൽ അറിവുള്ളവന് ഈശ്വരൻ വേറല്ല ജീവൻ വേറെല്ല ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ ഹരിനാമകിർത്തൻ മഹാമോഹം നിമിത്തം എന്നാണ് പറയുന്നത് മഹാമോഹം കൊണ്ട് ഈശ്വരൻ എവിടെയോ ഇരിക്കണു ഞാൻ എവിടെയോ ഇരിക്കണു എത്രയോ ദൂരം പോവാനുണ്ട് എന്നൊക്കെ ഒരു ഭ്രമം തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ താൻ ആരാണെന്ന് ഈശ്വരനെ അന്വേഷിക്കൊന്നും വേണ്ട തന്റെ യഥാർത്ഥ സ്വരൂപം ഈ ജീവൻ കണ്ടെത്തിയാൽ നമ്മൾ പുരത്തിന്റെ ഉള്ളിലൊന്നും ഇല്ലേ ഇല്ലാന്നറിയാം ശരീരത്തിന് അതിൻ്റെതായ കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാകും പക്ഷേ തത്വജ്ഞാനം ഉണ്ടായാൽ ആത്മജ്ഞാനം ഉണ്ടായാൽ ആത്മസാക്ഷാത്കാരമുണ്ടായാൽ ഈ ജീവന് ദുഃഖമൊക്കെ അകന്നു കിട്ടും അതുവരെ പുരഞ്ജനനാണ് നമ്മളൊക്കെ പുരഞ്ജനന്മാരാണ് ഒരു പുരത്തുനിന്ന് ഇനിയൊരു പുരം ഇനിയൊരു പുരത്തുനിന്ന് ഇനിയൊരു പുരം ശരീരമാവുന്ന പുരങ്ങൾ മാറി മാറി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അവസാനം ഈ പുരത്തിനെ മുഴുവൻ എരിച്ചു കളയണം ജ്ഞാനം കൊണ്ട് ജ്ഞാനമാവുന്ന അഗ്നി കൊണ്ട് അതാണ് യഥാർത്ഥ ത്രിപുര ദഹനം യഥാർത്ഥ ത്രിപുര ദഹനം എന്ന് പറയണത് നമ്മളുടെ ശരീരത്തിൽ തന്നെ മൂന്ന് പുരങ്ങളുണ്ട് ഒരു ശരീരത്ത് തന്നെ മൂന്ന് പുരങ്ങളുണ്ട് ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരം സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരം സുഷുപ്തിയില് കാരണ ശരീരം ഈ മൂന്ന് പുരങ്ങളെയും ഒന്നിച്ച് ഇരിക്കുന്ന ജ്ഞാനാഗ്നിയാണ് ത്രിപുര ശിവന്റെ മൂന്നാമത്തെ കണ്ണ എന്ന് പറയണത് അതെല്ലാവരുടെ ഉള്ളിലുണ്ട് മൂന്നാമത്തെ കണ്ണും ബോധചക്ഷുസ് പ്രജ്ഞാനേത്രം തന്നെ താൻ കണ്ടെത്തിയാൽ താൻ ആരെന്ന് അറിഞ്ഞാൽ അതോടുകൂടെ ഈ സംസാരം അതായത് ഈ ചുറ്റിത്തിരിയൽ അവസാനിക്കും പുരത്തിൽ നിന്ന് പുരത്തിലേക്ക് പോണത് അവസാനിക്കും ജനനം മരണം മുതലായ ചക്രമൊക്കെ ആ ചക്രം ചുറ്റണത് നിൽക്കും ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ശുദ്ധമായ ബോധമാത്ര വസ്തുവാണ് ഞാൻ ബോധസ്വരൂപനാണ് ആ ബോധം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു അദ്വയമായ ബോധവസ്തുവാണ് അതിലൊന്നും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യണില്ല ആ നിശ്ചലമായ ബോധവസ്തുവാണ് ഞാൻ എന്ന് ദൃഢമായ അനുഭവം ഏർപ്പെട്ടാൽ കർമ്മമൊക്കെ കൊഴിഞ്ഞു പോവും കർത്തൃത്വം ഉള്ളതുകൊണ്ടാണല്ലോ ഈ കർമ്മത്തിൽ ഇത്ര ഭ്രമം പ്രാചീന ബർഹിസ്യനോട് നാരദ മഹർഷി പറഞ്ഞു രാജാവേ വേദത്തിന്റെ ഒക്കെ ലക്ഷ്യം ആത്മജ്ഞാനമാണ് റിവില്ലാത്ത മരമണ്ഠന്മാരാണ് വേദം കർമ്മത്തിനെ പറയണു എന്ന് പറയുന്നത് വേദത്തിന്റെ ലക്ഷ്യം കർമ്മമേ അല്ല ജ്ഞാനമാണ് ജ്ഞാനത്തിലേക്ക് വഴികാണിക്കാൻ മാത്രമാണ് കർമ്മം അജ്ഞാനാത് അർത്ഥ കാശിഷു രാജൻ അജ്ഞാനം കൊണ്ട് എന്തോ പൊരുളുണ്ടെന്ന് തോന്നുന്ന ഈ കർമ്മത്തിനോടുള്ള ഭ്രമം ഉപേക്ഷിക്കാം അല്ലെങ്കിൽ നരകമായിരിക്കും ഫലം ചുറ്റിത്തിരിയേണ്ടി വരും എത്ര ഇങ്ങനെ ഈ കർമ്മമണ്ഡലത്തിൽ പെട്ടു വലയും കർമ്മമൊക്കെ ചിത്തത്തിനെ ശുദ്ധമാക്കി ശുദ്ധമായ ചിത്തം കൊണ്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കേട്ടറിയണം ആത്മാ സത്യസ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് അനന്തനാണെന്ന് കേട്ടറിയണം സത്യം എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്തതെന്ന അർത്ഥം അതാണ് സത്യം പരം ധീമഹി എന്ന് ഭാഗവതം ആരംഭിച്ചത് ഒരിക്കലും മാറാത്തത് ഒരിക്കലും മാറാത്തതായി എന്തുണ്ട് ഈ ലോകത്തില് ആരാഞ്ഞു നോക്കിയാൽ ലോകത്തിലെ സർവ്വ വസ്തുക്കളും മാറിക്കൊണ്ടേയിരിക്കണു അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു സകലത്തും സൂര്യചന്ദ്രന്മാരടക്കം മാറണു ഭൂമി മാറണു എല്ലാം മാറിക്കൊണ്ടിരിക്കണു ഇവിടെ മാറാത്തതൊന്നുമില്ല നമ്മളുടെ ശരീരം അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കണോ ശരീരം പൂർണമായും മാറണു മനസ്സ് മാറിക്കൊണ്ടേയിരിക്കണു ബുദ്ധി മാറണു അഹങ്കാരം ഉദിച്ചുദിച്ചു പൊന്തുണു കുതിച്ചു വരുന്നു അസ്തമിക്കുന്നു അപ്പൊ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ ഇരിക്കുന്നത് അനുസ്യൂതം ഇതിന്റെ പുറകിൽ ആരോ ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ മാറണതേ കാണണത് മാറാത്ത ഒരാൾ അതിന് പുറകിലുണ്ട് ആ മാറാത്തവൻ ആരാണ് എല്ലാറ്റിനും പുറകിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ട് ബോധം മാത്രമായി അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ എല്ലാത്തിനെയും കാണുന്ന കണ്ണായിട്ട് താൻ എന്നുറയ്ക്കും അളവ് മലയാളത്തിലെ നമുക്കതൊരു ഭാഗ്യം ഞാൻ എന്നും താൻ എന്നും രണ്ട് നമ്മൾ ഈ താൻ തെറ്റായി പ്രയോഗിച്ചപ്പോ താൻ എന്നുള്ളത് അർത്ഥം വരണത് അങ്ങനെയല്ല താൻ എന്ന് വെച്ചാൽ താൻ തന്നെ തന്നെ താൻ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഉമർത്തൊന്ന് വാതിൽ തട്ടി ആരാണ് ഞാൻ ഞാൻ എന്ന് വെച്ച ഞാൻ തന്നെ ആ താൻ എന്നുള്ളത് വ്യാകരണ പ്രകാരം കൂട്ടിച്ചേർത്തപ്പോഴാണ് ഞാൻ തന്നെ എന്നായത് ഞാൻ തമിഴിലാവുമ്പോ ഞാൻ താൻ എന്ന് പറയും ആ താനും കൂട്ടിച്ചേർക്കും വി താൻ എന്നുള്ളത് ആത്മാവും ഞാൻ എന്നുള്ളത് അഹങ്കാരവും അതാണ് താനെന്നുറയ്ക്കുമളവ് എന്ന് പറഞ്ഞത് അഹങ്കാരം എവിടെ പൊന്തുണമോ അത് താൻ ആ താനിലാണ് അഹങ്കാരത്തിന്റെ ചലനമേ ഏർപ്പെടുന്ന ആ താൻ എന്താണ് ശാശ്വതമായ വസ്തു അതിനെ കണ്ടെത്തിയാൽ കർമ്മമൊക്കെ നടക്കും എന്തു വേണമോ നടക്കും പക്ഷെ ഒന്നും ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ല മായ എന്ന് വെച്ചാൽ എന്താ ഞാൻ ചെയ്യണമെന്നുള്ളത് ജ്ഞാനം എന്ന് വെച്ചാലോ ഈ ഞാൻ ചെയ്യണു തോന്നുന്നുണ്ടല്ലോ ഈ ചെയ്യണുന്ന് തോന്നണ ഞാൻ ആരാണോ എന്ന് വിചാരം ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യണു എന്ന് തോന്നുന്നു ചെയ്യണമെന്ന് തോന്നണേ ഈ ഞാൻ ആരാണോ ഞാൻ ചെയ്യണു അപ്പൊ ഈ ചെയ്യണു തോന്നണേ ഈ ഞാൻ ആരാണെന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ കാണാം അവിടെ ഒരു ഞാനേ ഇല്ല അവിടെ ഈ പ്രവൃത്തിക്ക് കാരണമായിട്ടൊരു ഞാൻ അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയാൽ പിന്നെ പ്രവൃത്തി നടക്കും തങ്ങിയേ പക്ഷെ ഈ ചെയ്യണു ഞാൻ ചെയ്യണു എന്നുള്ളത് അതിന് പുറകിൽ ഉണ്ടാവില്ല നടക്കും അതാണ് ശരണാഗതിയിലെ യന്ത്രയന്ത്രി ഭാവം രാമകൃഷ്ണം പറയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ യന്ത്രം അമ്മ യന്തി ഞാനൊരു യന്ത്രം എന്നെ നിയന്ത്രിക്കണത് അമ്മ എന്നാണ് വെച്ചാൽ ആ ശക്തി പ്രപഞ്ചത്തിന് മുഴുവൻ ഏത് ശക്തി നിയന്ത്രിക്കണോ ആ ശക്തി നിയന്ത്രിക്കണം അത് അതിന്റെ പാട്ടിൽ നടക്കും പ്രവർത്തി അതിന്റെ പാട്ടിൽ നടക്കും നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ വരാതിരുന്നാ മതി ആ ഇടയിൽക്കൂടെ അഹങ്കാരം പൊന്തി വരുമ്പോൾ പിടിക്കുക ഇത് ആർക്ക് എനിക്ക് അപ്പൊ ചിത്തശുദ്ധിയുടെ ലക്ഷണം ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ ജീവന് തന്നെ സംശയം വന്നു തുടങ്ങും ചിത്തശുദ്ധി വന്നിട്ടില്ലെങ്കിൽ എത്രയധികം ബുദ്ധിശക്തി ഉണ്ടെങ്കിലും തന്നെ ഒഴിച്ചു ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ സംശയിക്കും പക്ഷെ തന്നെക്കുറിച്ച് സംശയിക്കില്ല എന്തൊക്കെ കണ്ടുപിടിച്ചില്ല ഇന്ന് ആധുനിക സയൻസ് ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്തൊക്കെ കണ്ടുപിടിച്ചു അത്ഭുതമായ വിദ്യകള് അത്ഭുതമായ വിദ്യകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു പുരോഗമിച്ച് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ അങ്ങനെ ആയിക്കഴിഞ്ഞു ആലോചിക്കാൻ വയ്യ ആകപ്പാടി കുറെ കഴിഞ്ഞാൽ മുഴുവൻ കൺഫ്യൂഷനാകും അത്ര വളർന്നു കഴിഞ്ഞപ്പോ പക്ഷെ അപ്പോഴും ഈ ജീവൻ ഈ കണ്ടുപിടിക്കണതാൻ ആരാണോന്ന് ചോദിക്കുന്നില്ല ഇതൊക്കെ കണ്ടുപിടിക്കണ ആൾ ആരാണ് ഇതിനൊക്കെ പുറകിലുള്ളവൻ ആരാണ് ചോദിക്കുന്നില്ല ഡൽഹിയിൽ എവിടെയോ പോയപ്പോ അവർക്ക് എന്തോ നോട്ടീസിലിടാനോ എന്തോ ഫോട്ടോ വേണം എന്ന് ഒരു രണ്ടു വർഷം ഒന്നര വർഷം മുമ്പ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു റൂമിൽ കയറ്റിയിരുത്തി വാതിലടച്ചു എന്നിട്ട് അടുത്ത വാതിൽ തുറന്ന് പുറത്തു വരുമ്പോഴേക്കും നമ്മളുടെ ഫോട്ടോവും കയ്യില് തോന്നു കൂട്ടിക്കൊണ്ടുപോയ ആള് പറഞ്ഞു എന്താശ്ചര്യമല്ലേ ഇത്ര പുരോഗമിച്ചു കഴിഞ്ഞു ഫോട്ടോഗ്രാഫി ഞാൻ എനിക്കപ്പ തോന്നി പറയുകയും ചെയ്തു അവരോട് ഇതൊന്നും അത്ഭുതപ്പെടണ്ട ഇനി കുറച്ചു വർഷം കഴിഞ്ഞാൽ ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പെട്ടിയിൽ ഇരുത്തി അടയ്ക്കും ഇന്ന് തുറക്കുമ്പോ നമ്മളെപ്പോലെ ഇനിയൊരാളെയും കൂടെ പറഞ്ഞേക്കും ഒരു പക്ഷെ അങ്ങനെ കൂടെ പറഞ്ഞ കഴിച്ചാൽ പോലും ഒരു വിധത്തിലും ഇവിടെ ഒരു ആശ്വാസം ഉണ്ടാവാൻ പോണില്ല നമ്മൾക്കുണ്ടാവുന്ന ദുഃഖം അയാൾക്കും ഉണ്ടാവും നമുക്കുണ്ടാവണ വിഷമം അയാൾക്കും ഉണ്ടാവും വെറും മായയുടെ കൂത്ത് ഇതിലൊക്കെയാണ് നമ്മൾ ഈ സിദ്ധികളിലാണ് ഭ്രമിക്കണതേ സിദ്ധികൾ ഇതൊക്കെ സിദ്ധിയാണ് സയൻസിന്റെ സിദ്ധി മാറ്റർ ഉപയോഗിച്ചിട്ട് കാണിക്കണ സിദ്ധി ഈ സിദ്ധികളൊന്നും മനുഷ്യന് സമാധാനം ശാന്തി തരലാണ് പ്രാചീന ബർഹിസ് ഇപ്പൊ കർമ്മം കൊണ്ട് ചെയ്ത് ചെയ്ത് ചെയ്ത് സിദ്ധിയാണ് അതൊന്നും സമാധാനമില്ല ഇളക്കൊട്ട് സമാധാനം ഇല്ല മനസ്സിനെ ഉപയോഗിക്കുന്നതോറും അസമാധാനമാണ് മനസ്സ് പ്രശാന്തമാവുന്നതോറും സമാധാനമാണ് മനസ്സ് ചപലമാവുന്നതോറും അസമാധാനം അപ്പോ നാരദ മഹർഷി അപാര കാരുണ്യം കൊണ്ട് പ്രാചീന ബർഹിസ്സിനോട് പറഞ്ഞു രാജാവേ സത്യത്തിനെ അറിയാം ആത്മാവിനെ കണ്ടെത്താം തന്നെ താൻ അറിഞ്ഞാൽ സകല ദുഃഖങ്ങളും ഉള്ളിൽ നിന്നു പോകും എന്ന് പ്രാചീന പരിഹിസ്നാരദ മഹർഷി ചെയ്തു അത് കഴിഞ്ഞു പ്രജേതസ്സുകൾക്കും നാരദമഹർഷി ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു ആകാശത്തിൽ എങ്ങനെ മേഘങ്ങൾ വരികയും പോവുകയും ചെയ്യണമോ ആകാശത്തിൽ എങ്ങനെ ഇരുട്ടും വെളിച്ചവും വരികയും പോവുകയും ചെയ്യണമോ അതേപോലെ ആത്മാവാകുന്ന ചിതാകാശത്തിൽ ചിത്തവൃത്തികൾ പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ട് ഒരു ആത്മാ ബാധിക്കപ്പെടുന്നില്ല യഥാ അഭ്രതമപ്രകാശാഹ മേഘങ്ങളും തമസും പ്രകാശവും ഒക്കെ ആകാശത്തിൽ വന്നിട്ട് പോകുന്ന പോലെ ആത്മാവിൽ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ നമ്മൾ വിചാരിക്കുന്നു ശരീരത്തിൽ ആത്മാ എന്നാണ് അങ്ങനെയാണ് ആത്മാവിൽ ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ പ്രത്യക്ഷപ്പെടണു പോകുന്നു പ്രപഞ്ചം ഉദ്ഭവിക്കണു മറയുന്നു പക്ഷെ ഇതുകൊണ്ട് ശുദ്ധമായ ബോധസ്വരൂപം ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല സാന്ദ്രാനന്ദ അവബോധം അതേപോലെ നിൽക്കുന്നു ആ ആത്മാവാണ് ഞാൻ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കണ്ടെത്തിയാൽ ദുഃഖം അതോടെ അപ്പോ അതിന് തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തേണ്ടിയിരിക്കണം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കണം ഇങ്ങനെ നാരദമഹർഷി പ്രജേതസ്സുകൾക്കും ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു ഇത് കഴിഞ്ഞ് ആറാമത്തെ സ്കന്ധം പഞ്ചമസ്കന്ധത്തില് അല്ല പഞ്ചമസ്കന്ധം പഞ്ചമസ്കന്ധം ആരംഭിക്കുമ്പോ വീണ്ടും സുഖബ്രഹ്മ മഹർഷിയും പരീക്ഷിത്തും കൂടിയുള്ള സംവാദം ഇതുവരെ ഇപ്പൊ നാലാമത്തെ സ്കന്ധം വരെ വിദുര മഹർഷിയും വിതുരനും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംവാദാണ് ഇതോടുകൂടെ ആ കഥ അവസാനിച്ചതോടുകൂടെ പരീക്ഷിത്ത് സുഖാചാര്യരോട് പ്രിയവ്രതനെ കുറിച്ച് ചോദിച്ചു ഉത്താനവാദന്റെ ഏട്ട അപ്പോ ശുഖാചാര്യർ പറഞ്ഞു പ്രിയവർത്തൻ എങ്ങനെ വിവാഹം കഴിച്ചു എന്നായിരുന്നു സംശയം പരീക്ഷൻ ബ്രഹ്മവിദ്യയിൽ രുചിക്കുന്ന പ്രിയവ്രതന് ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെ ഏർപ്പെടേണ്ടി വന്നു എന്ന് പരീക്ഷത്തിനൊരു സംശയം അപ്പോ അതിന് സുഖാചാര്യർ പറഞ്ഞു രാജാവേ പ്രിയവ്രതൻ കുട്ടിക്കാലം തന്നെ നാരദന്റെ സംഘത്തിൽ ഏർപ്പെട്ടു നാരദന്റെ സംഘത്തിൽ ഏർപ്പെട്ടാൽ നാരദൻ എന്താ പണി എല്ലാരോടും പറയും ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളോട് പറയും വേണ്ടാട്ടോ ഈ ഗൃഹസ്ഥാശ്രമത്തിലും കുടുംബത്തിലും ഒന്നും കൊടുങ്ങണ്ട നിങ്ങള് ബ്രഹ്മസത്രത്തിനായിട്ട് ദീക്ഷയെടുക്ക ജീവിതം മുഴുവൻ ബ്രഹ്മവിചാരം കാണുന്നതൊക്കെ ഈശ്വരൻ എന്ന് വിചാരം ചെയ്ത് അനുഭവിക്കാം ജകത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായി ആരാധിക്കാം ഉള്ളില് ആത്മാവിനെ നിരന്തരം ധ്യാനിക്ക എന്ന് നാരദ മഹർഷി കുട്ടിക്കാലത്തേക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് പ്രിയവർദ്ധൻ അതിന് നിശ്ചയിച്ചു അപ്പോഴാണ് ബ്രഹ്മാവിന് തലവേദനയായി ബ്രഹ്മാവ് നാരദനെ അവിടുന്ന് വിളിച്ച് ചീർത്താ പറഞ്ഞു അത്ര ഇങ്ങനെ നാട്ടിൽ പോയിട്ട് ഏടാകൂട വെക്കാണ് ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ ആരംഭിച്ചിട്ടേ സൃഷ്ടി അപ്പോ തന്നെ പോയിട്ട് ഉള്ളവരോടൊക്കെ സന്യാസമാർഗം ഉപദേശിക്ക എന്ന് പറഞ്ഞു ബ്രഹ്മാവ് അവിടുന്ന് ഹംസയാനത്തിൽ വന്നു ഇവിടെ ബ്രഹ്മാവിന്റെ വാക്കുകൾ ഭാഗവതത്തിൽ ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞു എന്നല്ല ശ്രീ ഭഗവാൻ ഉവാച എന്നാണ് ഭാഗവതത്തിൽ അപ്പോ ബ്രഹ്മാവ് വന്നിട്ട് പറയണത് പ്രാരബ്ധത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല പ്രിയവർദ്ധനോട് പറയണത് രാജാവേ പ്രാരബ്ധം ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ല വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഈശ്വര ഈച്ഛയ്ക്ക് വഴങ്ങിക്കൊടുത്ത് ജീവിക്കണം അതാണ് സുഖം നമ്മളൊക്കെ ഈശസ്ഹി വശേ ലോകോ യോഷാ ദാരുമയി പാവക്കൂത്തില് മരം കൊണ്ടുണ്ടാക്കിയ പാവകളെ വെച്ച് പുറകിലിരിക്കുന്ന ആള് ചരട് വരച്ച് കളിപ്പിക്കും ആ പാവയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടോ കണ്ടാ സ്വാതന്ത്ര്യം പോലെ തോന്നും അതുപോലെ ഈശ്വരന്റെ കയ്യിലുള്ള വെറും കളിപ്പാട്ടങ്ങളാണ് യുധിഷ്ഠിര മഹാരാജാവ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു എന്ന് കരയുമ്പോ ഋഷികളും വ്യാസരും മറ്റുമൊക്കെ പറഞ്ഞു രാജാവേ എന്തിനാ കരയണത് മാ കഞ്ചനശുചോ രാജൻ യത് ഈശ്വരവശം ജഗത് എന്തിനായി ആരെക്കുറിച്ച് ആലോചിച്ച് കരയാണ് ഏത് ഈശ്വരവശം ജഗത് ഈ ജഗത്ത് ഈശ്വരന്റെ കൈയിലുള്ള കളിപ്പാട്ടമാണ് ഇവിടെ എന്തു ദുഃഖിക്കാനുണ്ട് എന്തിനു കരയണം നാടകത്തിൽ നമുക്ക് എന്ത് റോള് തന്നോ അത് കളിക്കാം അതില് യാതൊരു നിർബന്ധവും വെക്കരുത് ഇങ്ങനെ വേണം ഇങ്ങനെ പാടില്ല എന്ന് വെച്ചാൽ ദുഃഖിക്കേണ്ടി വരും നാടകത്തിലെ റോളിനനുസരിച്ച് കളിച്ചോളണം അപ്പോ ഇവിടെ പരീക്ഷി പ്രിയവ്രതനോട് ബ്രഹ്മാവ് പറഞ്ഞു രാജാവെ ആത്മജ്ഞാനം മാത്രമാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേറെ ഒന്നിനും സ്വാതന്ത്ര്യമില്ല ഭഗവാൻ രമണ മഹർഷി പതിനേഴ് വയസ്സിൽ വീട് വിട്ട് ഓടിപ്പോയി രണ്ടു വർഷം കഴിഞ്ഞിട്ടാണോ മകൻ എവിടെയുള്ളത് എവിടെയാളുള്ളത് എന്നുള്ളത് അമ്മക്ക് അറിയണത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അമ്മ തിരുവണ്ണാമലയിൽ വരുമ്പോ പ്രവാളഗിരിനാഥ ക്ഷേത്രത്തില് ദൂര മകനെ കണ്ടു അമ്മ ഓടിപ്പോയി കരഞ്ഞു തലയൊക്കെ വളർന്ന് നഖമൊക്കെ വളർന്നു ജട പിടിച്ച് ഇപ്പൊ ഋഷഭയോഗീശ്വരന്റെ ചരിത്രം പറയും അതുപോലെ ഋഷഭ യോഗീശ്വരം വയസ്സായിട്ടാണ് അങ്ങനെ ആയത് ഇദ്ദേഹം പതിനേഴ് വയസ്സിലെ ആയി അപ്പൊ ചെന്നിട്ട് അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചുവരാനായിട്ട് യാചിച്ചു അനങ്ങിയില്ല ശില പോലെ ഇടും രണ്ടു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരും അമ്മ മുമ്പിൽ വരും കരയും അവസാനം ആരോ പറഞ്ഞു സ്വാമി അങ് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല അമ്മയുടെ സമാധാനത്തിനായിട്ട് എഴുതി കൊടുക്കും വർത്തമാനം പറയില്ലെങ്കിൽ എഴുതിയെങ്കിലും കൊടുക്കൂ എന്ന് ഒരു കടലാസും പെൻസിലും കൂടെ കൊടുത്തപ്പോ ആ കടലാസിൽ എഴുതി അവരവരുടെ പ്രാരബ്ധത്തിനുസരിച്ച് ജീവിതത്തിൽ എന്തെന്ത് നടക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അവരവരുടെ പ്രാരബത്തിനനുസരിച്ച് ഓരോ ജീവനെയും ഈശ്വരൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്തെന്ത് ജീവിതത്തിൽ നടക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ അത് ആരൊക്കെ തന്നെ അന്യഥാ ചെയ്യണം എന്ന് വിചാരിച്ചാലും നടന്നേ ഓക്കും എന്തെങ്കിലും വിധിച്ചിട്ടില്ലയോ അത് ആരൊക്കെ തന്നെ നടത്തണം എന്ന് നടക്കില്ല അപ്പോ ഇതറിഞ്ഞ് ശരണാഗതി ചെയ്ത് ഇരിക്കുന്നതാണ് ഞാ അറിവുള്ളവന്റെ ലക്ഷണം ഇത്രയും എഴുതി കൊടുത്തു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്ലെയിനിലില്ല വിധി പ്രയത്നം ഇതൊരു വലിയ നൂലാമാലയാണ് പുറത്തു വരാൻ കഴിയാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് വയ്ക്കാം ഒരിക്കലും ഒരു ഉത്തരം പറ്റില്ല വിധിയാണോ പ്രയത്നമാണോ രണ്ടു അങ്ങടങ്ങി ഷണ്ട കൂടും ഇത് മുട്ടയാണോ കോഴിയാണോന്ന് ചോദിക്കണ പോലെയാണ് കുട്ടികൾക്ക് എളുപ്പം നല്ല രസമുള്ള ഒരു ചോദ്യമാണ് കോഴിന്ന് മുട്ട വന്നു മുട്ടയെന്ന് കോഴി വന്നു മരത്തുനിന്ന് വിത്ത് വന്നു വിത്ത് നിന്ന് മരം വന്നു എന്ത് ഉത്തരം പറയും ഉത്തരം എന്ത് പറയും ഏ നമ്മള് വിചാ ഒന്ന് ആലോചിച്ച ഉത്തരം കിട്ടും വളരെ എളുപ്പമാണ് ഉത്തരം കോഴി ആളുകൾ വിചാരിക്കണ ഉത്തരമില്ലാത്ത ചോദ്യമാണ് ന വിചാരിക്കണത് ഇത് എളുപ്പമായി ഉത്തരവുണ്ട് മുട്ടയിൽ നിന്ന് കോഴി വന്നു കോഴിന്ന് മുട്ട വന്നു എന്നുള്ള ചോദ്യത്തിന് ആര് പറഞ്ഞു ഉത്തരവില്ലാന്ന് നമ്മള് ഒരു കോഴിയും മറ്റൊരു മുട്ടയും എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വിഡ്ഢി ചോദ്യം ചോദിക്കുന്നത് രണ്ടെണ്ണം ഒരിക്കലും ഉണ്ടാവില്ല ഒന്നിലും മുട്ട അല്ലെങ്കിൽ കോഴി ഉണ്ടോ രണ്ടെണ്ണം ഉണ്ടോ എവിടെയാ ദ്വൈതമുള്ളത് ഒന്ന് ഒന്നിൽ മുട്ട അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ ഒരു കോഴിയും ഇനി ഒരു കോഴി വരാനുള്ള മുട്ടയും രണ്ടെണ്ണം ഇല്ലയേ ഇല്ല നമ്മൾ മുട്ടയിൽ നിന്ന് കോഴി വരുമോ കോഴിന്ന് മുട്ട ചോദിക്കുമ്പോ തന്നെ ദ്വൈതത്തിന് കല്പിച്ചിട്ട് ഈ ചോദ്യം തന്നെ ഒരു ഭ്രമമാണ് തെറ്റാണോ എങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ അവിടെ മുട്ടയിൽ നിന്ന് കോഴി വന്നു കോഴിന്ന് മുട്ട ചോദ്യമേ തെറ്റാണ് ഒന്നില് കോഴി ഉണ്ടാവും അല്ലെങ്കിൽ മുട്ടയുണ്ടാവും രണ്ടും കൂടി ഉണ്ടാവുകയില്ല ആചാര്യസ്വാമികൾ മരത്തിൽ നിന്ന് വിത്ത് വന്നു വിത്ത് നിന്ന് മരം വന്നു എന്നുള്ള ചോദ്യത്തിന് എടുത്തിട്ടിട്ട് ഉത്തരവ് പറഞ്ഞു മരത്തിനെ മുറിച്ച് ചുവട്ടിലിടുക വിത്തിനെ കേടുവരുത്തി ചുവട്ടിലിടുക രണ്ടും മണ്ണായിട്ട് പോകും മൃത്തികേത്തിയവ സത്യം ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ മരവുമില്ല വിത്തുമില്ല ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഇതാണ് മായ മായ എന്ന് വെച്ചാൽ ഇല്ലാത്തടത്ത് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ആശ്രയം തോന്നിപ്പിക്കും എന്നിട്ട് നമ്മളെ ഇട്ടു വാലയ്ക്കും പരസ്പരാശ്രയം ഇത് ഇതുണ്ടെങ്കിലേ ഇതുള്ളൂ ഇതുണ്ടെങ്കിലേ ഇതുള്ളൂ അപ്പൊ നിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നമ്മൾ വെറുതെ മണ്ഡപം ഉണ്ടാക്കും അപ്പൊ വാസ്തവത്തിൽ ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ ആ ഒന്നിനെ കർമ്മമെന്നും വിധിയെന്നും കരുതി നമ്മൾ വെറുതെ ഭ്രമിക്കുകയാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഭഗവാൻ രമണ മഹർഷി ഇത് സന്ദർശനത്തിൽ പറഞ്ഞു വിധേഹേ പ്രയത്നസ്യ ചോപിവാദ തയോർ ദ്വയോർ മൂലമജാനതാം വിധേ പ്രയത്നസ്യ മൂലവസ്തു സഞ്ജാനതാം നൈവവിധിർ നയത്ന വിധി പ്രയത്നം എന്നൊക്കെ വെറുതെ ശണ്ടകൂടുന്നവര് മഠയന്മാരാണ് ഇവിടെ വിധി ആരുടെ വിധി ആർക്ക് വിധി എനിക്ക് ആർക്ക് പ്രയത്നം എനിക്ക് ഈ ഞാൻ ആരാണ് ഈ ഞാൻ ആരാണ് എന്ന് ചോദ്യത്തിനെ വിടാതെ പിടിച്ച് താനാരെന്ന് കണ്ടെത്തിയാൽ ഇവിടെ വിധിയുമില്ല പ്രയത്നവുമില്ല നൈവവിധി ഹി നയത്ന പക്ഷെ തന്നെ കണ്ടെത്താതെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണതെങ്കിൽ ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരമേ കണ്ടെത്താൻ പറ്റില്ല വിധി എന്നുള്ളത് ശരീരത്തിനെ ബാധിക്കണു പ്രയത്നം എന്നുള്ളതും വിധി എന്നുള്ളതും ഒന്നു തന്നെ പ്രയത്നത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് വിധി വിധിയുടെ നഴല് പിടിച്ചുകൊണ്ടാണ് പ്രയത്നവും വരുന്നത് ഇത് രണ്ടും ഒരു ചക്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മനുഷ്യന് സ്വാതന്ത്ര്യം എവിടെയാളുള്ളത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെന്ത് സംഭവിക്കാനുണ്ടോ അതിനെ മാറ്റിമറിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ജനിക്കുമ്പോ കാലില്ലാതെ ജനിക്കണു എന്ത് ചെയ്യാൻ പറ്റും കാലു പിടിപ്പിക്കാൻ പറ്റുമോ വെച്ചു പിടിപ്പിച്ചാലും അത് ശരിയായ കാലാവുമോ പല വിധത്തിലും വെളുത്ത ആളായിട്ട് ജനിക്കണു കറുക്കണം എന്ന് വിചാരിച്ചാൽ കറുത്ത ആളായിട്ട് ജനിച്ച ആൾക്ക് വെളുക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോ ശരീരത്തിന്റെ തലത്തിൽ എന്തൊക്കെ സംഭവിക്കണമോ അത് സംഭവിച്ചു കഴിഞ്ഞതിനെ ഒന്നും മാറ്റാൻ പറ്റില്ല സംഭവിക്കാൻ പോണതും പലതും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതിലും പലപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമില്ല പിന്നെ എന്താ എന്തൊക്കെ തന്നെ വരട്ടെ അതുകൊണ്ട് ബാധിക്കപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബാധിക്കപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശ്രീകൃഷ്ണൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നിട്ട് ധർമ്മപുത്രരേ രാജാവായിരുന്നിട്ട് അർജുനൻ വില്ലാളിയായ അർജുനൻ കൂടെ ഉണ്ടായിരുന്നിട്ട് ബലവാനായി ഭീമൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പാണ്ഡവർക്ക് ദുഃഖം ഒഴിഞ്ഞ സമയമില്ല അതാണ് ധർമ്മപുത്ര ഭീഷ്മർ പറയണത് ഇതാണ് കാലം കാലത്തിന്റെ കളി സാക്ഷാത് ഭഗവാൻ കൂടെ ഉണ്ട് പക്ഷെ എന്താ ഗുണം ഇവർക്ക് ആ ദുഃഖം അങ്ങനെ ദുഃഖമായിട്ട് തോന്നിയില്ല ഭഗവാൻ കൂടെ ഉള്ളത് ദുഃഖം ദുഃഖമായിട്ട് തോന്നിയില്ല അപ്പോ വിധി അനുഭവിക്കേണ്ടി വരുന്ന വിധിയെ ജ്ഞാനികളും അനുഭവിക്കും പക്ഷെ താങ്കൾ തങ്ങൾക്ക് വരണു എന്നുള്ള ഭാവമേ ഇല്ലാതെ സ്വപ്നത്തിൽ എന്ന പോലെ അനുഭവിക്കുക പ്രിയവർത്തനോട് പറഞ്ഞു രാജാവേ നമ്മള് ഈശ്വരന്റെ കയ്യില് യന്ത്രമാണെന്ന് അറിഞ്ഞ് അറിവുള്ളവനായി ഞാൻ ചെയ്യണു ഞാൻ അനുഭവിക്കണു എന്നുള്ള ഭാവം രണ്ടും എടുത്ത് മതി ഞാൻ ചെയ്യണു എന്നുള്ളത് പ്രയത്നം ഞാൻ അനുഭവിക്കണു എന്നുള്ളത് വിധി അതാണ് കർത്തൃത്വം ഭോക്തൃത്വം കർത്തൃത്വം ഉള്ളത്തോളം കാലം ഞാൻ ചെയ്യണു ചെയ്യണു എന്നുള്ള ഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രവർത്തിക്കുമേൽ പ്രവർത്തി ഫലം അനുഭവിക്കണം എന്നിട്ട് ഫലം വരുമ്പോ അനുഭവിക്കുമ്പോൾ അയ്യോ ഞാൻ അനുഭവിക്കണു എനിക്ക് ഇങ്ങനെ വന്നു ഇത് ഭോക്തൃത്വം ഡുവേർഷിപ്പ് എൻജോയർഷിപ്പ് ഇത് രണ്ടെണ്ണമാണ് മനുഷ്യനെ മായയുടെ പിടിയിൽ നിന്ന് പുറത്തു പോവാൻ പിടിച്ചു കെട്ടിയിരിക്കുന്നു ഇത് രണ്ടും എടുത്തു കളഞ്ഞിട്ട് അങ്ങ് എവിടെ വേണമെങ്കി ഇരുന്നോളു ബന്ധപ്പെടില്ല ഇനിയിപ്പോ ഈ ജ്ഞാനമില്ലാതെ അങ്ങ് കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഗുഹയിൽ പോയി ഇരുന്നാലും ഇന്ദ്രിയ വിഷയങ്ങളോടെ പോയിരുന്നാൽ കുടുങ്ങും അതിന് ഉദാഹരണമാണ് നമ്മുടെ സൌഭരി മഹർഷി നമ്മുടെ സൌഭരി മഹർഷി നവമസ്കന്ധത്തിൽ അദ്ദേഹത്തിന്റെ കഥ വരും നാരായണീയത്തിൽ വേറെ ഒരു സ്ഥലത്ത് വരും അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കാളിയമർദ്ദന സന്ദർഭത്തിൽ കാണാം നദിയുടെ ഉള്ളിൽ പോയിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നിട്ടും ആശയ്ക്ക് വഴിപ്പെട്ട് പുറത്തുപോയി കുടുങ്ങി അപ്പോ മനസ്സ് എവിടെയാണെങ്കിലും എത്ര എവിടെ പോയാലും രക്ഷപ്പെടാൻ പറ്റില്ല ഉള്ളിൽ വാസന ഉണ്ടെങ്കിൽ ജ്ഞാനമുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും ബാധിക്കപ്പെടാതിരിക്കാം എന്ന് പ്രിയവർദ്ധന തത്വോപദേശം ചെയ്ത് ബ്രഹ്മാവദേ പ്രാരബ്ധത്തിനനുസരിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കാനായി ഉപദേശിച്ചു അങ്ങനെ പ്രിയവർത്ത വംശാവലി പറഞ്ഞു വന്നു അതിൽ നാഭി എന്നൊരു രാജാവ് നാഭിക്ക് പുത്രന്മാരില്ല നാഭി ഭഗവാനെ ഭജിച്ചു എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അങ്ങേ തന്നെ ഒരു പുത്രൻ എനിക്കുണ്ടാവണം അഭിഷ്ടുത മുനീശ്വരൈസ്വം രാജ്ഞസ്വതുല്യം സുതമർമാന സ്വയം ജനഷ്യേ അഹമിതി दधा बर्िषि विश्वमूर्ते नाभिप्रियामेदिव्यंशूषा अलोकसागुण प्रभाव प्रभावित शेषजन प्रमोद नाभ पुत्रन भगवान्ेतरचु भगवा नाटक ऋषभ എന്താ ഋഷഭെന്നുള്ള പേരെന്നു വെച്ചാൽ ലോകത്തില് സാമാന്യ ആളുകളൊക്കെ പൂച്ചക്കുട്ടികളെപ്പോലെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തല തൂക്കി നോക്കാം ഗൃഹസ്ഥനായിരുന്നിട്ടും യോഗിയായിട്ടിരിക്കും അനേക പുത്രന്മാരെ ഉണ്ടായിരുന്നിട്ടും ബന്ധിക്കപ്പെടാതെ ജീവൻ മുക്തനായിട്ട് ജ്ഞാനിയായിട്ടിരിക്കും എല്ലാത്തിന്റെ നടുവിലും യാതൊന്നുകൊണ്ടും മായയ്ക്ക് അടുത്തുകൂടെ പോകാൻ പറ്റില്ല ദേവേന്ദ്രൻ ഒരിക്കൽ കുറെ കാലം മഴ പെയ്തില്ലേ ആ നാട്ടില് തന്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്പ്പിച്ചു ഇങ്ങനെയൊക്കെപ്പോ ആയപ്പോ ആളുകൾ അദ്ദേഹത്തിനെ ഋഷഭൻ എന്ന് വിളിച്ചു ഋഷഭ എന്ന് വെച്ചാൽ ധീര ധീരൻ എന്നർത്ഥം ഇതുപോലെ ഒരാളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഋഷഭൻ എന്ന് അദ്ദേഹത്തിനെ വിളിച്ചു ഋഷഭയോഗീശ്വരൻ കുറെ കാലം രാജ്യഭരണം ചെയ്തു അദ്ദേഹത്തിന് നൂറ് പുത്രന്മാരുണ്ടായിരുന്നു സർവേ ഹൃദയന ജാതാഹ എന്നാണ് ഭാഗവതം പറഞ്ഞത് ഹൃദയത്തുനിന്ന് ജനിച്ചവരെന്നാണ് ഹൃദയത്തുനിന്ന് ജനിച്ചവരെന്നു വെച്ചാൽ എന്താ അർത്ഥം പുത്രന്മാര് ജനിക്കണത് നോക്കൂ ഒരുപോലെയാണെങ്കിലും ഭാവം എവിടെയാണോ അതിനനുസരിച്ച് പുത്രന്റെ സ്വഭാവവും പുത്രിയുടെ സ്വഭാവമൊക്കെ ഉണ്ടാവും ഹൃദയത്തുനിന്ന് ജനിക്കുക ഹൃദയത്തിൽ എന്തുണ്ട് ശുദ്ധമായ ഭക്തി ഭക്തിയിൽ നിന്നും ഉത്പത്തിയാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് നൂറുപേരിൽ എൺപത്തൊന്ന് പേര് തപസ്സുകൊണ്ട് സംക്രാന്തവർണരായി ബ്രാഹ്മണരായി ഒമ്പത് പേര് രാജ്യാധിപതികളായി ഒരാള് ഭരതൻ മറ്റൊരു ഒമ്പത് പേര് നവയോഗികൾ ജീവൻ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുവിളൻ ചമസൻ കരഭാചനൻ ഒമ്പത് പേരുടെ കഥ ഇനി ഏകാദശ സ്കന്ധത്തില് പറയും ഋഷഭയോഗീശ്വരൻ കുറച്ചുകാലം രാജ്യഭരണമൊക്കെ കഴിഞ്ഞു പിന്നെ ഭരതന്റെ കയ്യിൽ രാജ്യമേൽപ്പിച്ചു യോഗി വരാനവന്യേ ത്വാലയൻ ഭാരതവർഷണ്ഡാൻ ഭാരതവർഷം എന്നുള്ള പേര് വന്നത് ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അതുവരെ അജനാഭവർഷം എന്ന് പേര് നമ്മുടെ നാട്ടിന് അജനാഭവർഷം എന്ന് പേര് ഭരതൻ ഭരിച്ചതിന് ശേഷം ഭാരതം എന്ന് പേര് വന്നു ഉക് സുദേവ്യോഥ വിരക്തി ഭക്തി അന്വിതമുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസ്യവൃത്തിം അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ വീട്ടിലിരിക്കുമ്പോ തന്നെ അവധൂതന്റെ മട്ടായി കൌപിക മാത്രധാരിയായിട്ട് നടക്കും തലയൊന്നും ചിലപ്പോ കെട്ടില്ല ക്ഷൗരമൊന്നുമില്ല അങ്ങനെ ഗൃഹത്തിലിരിക്കുമ്പോൾ തന്നെ സർവചരോചരവും അദ്ദേഹത്തിന് ബ്രഹ്മമയം യോഗികളൊക്കെ അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ വരും രാജാവാണെന്നല്ല രാജാവെന്നുള്ള അർത്ഥത്തിലാണ് യോഗി മഹായോഗി അദ്ദേഹത്തിനെ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ യോഗികൾക്ക് സമാധി അനുഭവം ഏർപ്പെടും അങ്ങനെ യോഗികളും ജ്ഞാനികളും ഋഷികളും ഒക്കെ വന്ന് നമസ്കരിക്കുന്ന ഭാവത്തില് ഋഷഭയോഗീശ്വരൻ വർത്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോ കുറെ യോഗീശ്വരന്മാര് ഋഷീശ്വരന്മാര് അദ്ദേഹത്തിനെ കാണാൻ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ നൂറു മക്കളും ഉണ്ട് എല്ലാരും കൂടെ സഭയിൽ ഇരിക്കുന്നു അദ്ദേഹം അങ്ങനെ സഭയുടെ മധ്യത്തില് ഗംഭീര പ്രകൃതിയായിട്ട് ഇരിക്കുന്നുണ്ട് അവധൂതനായിട്ട് അപ്പൊ എല്ലാരെയും വിളിച്ചു പറഞ്ഞു പുത്രകാഹ എന്നാണ് അദ്ദേഹത്തിന് എല്ലാരും കൊച്ചു കുട്ടികളാണ് അദ്ദേഹത്തിന്റെ മക്കൾ മാത്രമല്ല സകല പേരും അദ്ദേഹത്തിന് കുട്ടികളാണ് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി ഋഷഭയോഗീശ്വരൻ എല്ലാം രാജ്യം ഉപേക്ഷിച്ചു പോണതിന് മുമ്പ് എല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ ജീവിതമുണ്ടല്ലോ അതിനെ ശരിക്കും ഉപയോഗിക്കണം നമുക്ക് സർവേശ്വരൻ തന്നിട്ടുള്ള ഈ ശരീരം അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം തപസ് ഈ ശരീരത്തിനെ ശുദ്ധം ചെയ്യണം ഈ ശരീരം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് തപസ് ചെയ്യാനാണ് അതിൽ വിളക്ക് കൊളുത്തണം ഈ ശരീരം ഒരു വിളക്ക് ഒരു ഒരു വിളക്ക് അതില് ചിത്തമാവുന്ന എണ്ണ അഹങ്കാരമാവുന്ന തിരി അതില് ജ്ഞാനം ആവുന്ന ദീപം കൊളുത്തണം അധ്യാത്മദീപം അവിടെ കൊളുത്തണം കൊളുത്തിയാൽ ആ തിരി ക്രമേണ കത്തി കത്തി കത്തി എണ്ണയൊക്കെ വറ്റിച്ച് തിരിയും കരിഞ്ഞു പോകും എന്നിട്ട് ആ അറിവും അടങ്ങുമ്പോ ശാശ്വതമായ വസ്തു മാത്രം നിൽക്കും അപ്പോ ഈ ശരീരത്തിനെ തപസിനായിട്ട് ഉപയോഗിക്കണം വിഷുവീശ്വരന്റെ ആദ്യത്തെ ഉപദേശം അതാണ് കുഞ്ഞുങ്ങളെ ഈ ശരീരത്തിനെ വ്യർത്ഥമാക്കിക്കളയരുത് എന്നാണ് മലബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ പോലും സാമാന്യമായി ഉപയോഗ അനുഭവിക്കുന്ന വെറും ലോകസുഖം അനുഭവിക്കാനുള്ളതല്ല ഈ ശരീരം തപസ് ചെയ്യാം തപസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം അതിനുപയോഗിക്കാം നായും ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാമാനർഹത്തെ വിഡ്ഭുജം തപ്പോ ദിവ്യം പുത്രം ശ്രം ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് വലിയ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും ബ്രഹ്മസൗഖ്യം തു അനന്തം ബ്രഹ്മത്തിനെ അറിയാൻ കഴിയും വേറെ ഒരു ശരീരം കൊണ്ടും ബ്രഹ്മത്തിനെ അറിയാൻ കഴിയില്ല മനുഷ്യ ശരീരത്തിന് അങ്ങനെ ഒരു ലാഭമുണ്ട് പക്ഷെ അത് കിട്ടി കിട്ടും ബ്രഹ്മത്തിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരമാത്മാവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു പ്രയോജനം മരിക്കാന സമയത്ത് കണക്കെടുത്ത് നോക്കിയാൽ കൺ കണക്കിന് അരി കാലിയാക്കി മോര് തൈര് പാല് കാപ്പിപ്പൊടി ചായപ്പൊടി കൺ കണക്കിന് പച്ചക്കറി കുറെ ഉപ്പ് പച്ചമുളക് ഇതൊക്കെയാണ് കണക്ക് എന്താ നേടിയതെന്ന് വെച്ചാൽ ഇതൊക്കെ കുറെ അവസാനിപ്പിച്ചു എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല കുറെ കൊറേ കാഷ്ടിച്ചു കൊറേ കുട്ടികൾ ഉണ്ടായി കുറെ എന്തൊക്കെയോ ചെയ്തു ലോകത്തിലെ അവസാനം ചത്തുപോകുന്നു പൂന്താനം പറഞ്ഞു ചുട്ടു തിന്നുന്നു ജീവിതത്തിന് ചുട്ടു തിന്ന അപ്പൊ ഇങ്ങനെ കളയാൻ പാടില്ലാന്നാണ് ഋഷഭയോഗ്യം പറയണ പ്രേമത്തോടെ സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ പുത്രകാഹ് തപോ ദിവ്യം പുത്രകാ ഏന സത്വം തപസ് ചെയ്യണം തപസ്സെന്ന് വെച്ചാൽ ലളിതമായ തപസ് ചെയ്യണം മഹത്സേവാം ദ്വാരഹുർവിമുക്തേ മുക്തിക്ക് മാർഗം തരണം അപ്പൊ മുക്തിക്കുള്ള ദ്വാരം ഗേറ്റ് എന്താണ് സത്സംഗം ജ്ഞാനികളെ കണ്ടെത്തണം അവരോടുകൂടെ ചേർന്നിരിക്കണം പരമാത്മതത്വം അറിയണം ലോകവിഷയവുമായി ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ തമോദ്വാരം ഇരുട്ടിലേക്കുള്ള മാർഗമാണത് ഇരുട്ടിൽ കൊണ്ടുപോയി തള്ളും ഇടയ്ക്കിടയ്ക്ക് ഏകാന്തത്തിൽ ഇരിക്കണം അല്പസ്വല്പം ജപം മുതലായിട്ടുള്ള യോഗ സാധനകൾ പരിശീലിക്കണം നിഷ്ഠയോടുകൂടെ കുറച്ചു മൌനവ്രതം അനുഷ്ഠിക്കണം ഭഗവാനെ ആരാധിക്കണം ദിവസവും ജീവിതത്തിൽ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി കുറച്ചുനേരം അതിന് നീക്കിവയ്ക്കണം എന്നിട്ട് സ്വാധ്യായം ചെയ്യണം മറ്റുള്ളവർക്കുമായിട്ട് ഇത് ചർച്ച ചെയ്യണം അപ്പോ മറ്റുള്ളവരെ എന്ത് വേണം ലോകത്തില് വീണ്ടും കർമ്മമണ്ഡലത്തിൽ പിടിച്ച് തള്ളിക്കളയരുത് സ്വയം കർമ്മമണ്ഡലത്തിൽ വീഴരുത് മറ്റുള്ളവരെ പിടിച്ച് തള്ളുകയും അരുത് വലിയൊരു ഉപദേശമാണ് ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോ അർത്ഥം ലഭേതാ നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ സംസാരം എന്ന് പറയണ ഒരു പടുകു അതിലെത്രയോ ജന്മങ്ങളായി അനേക കർമ്മങ്ങൾ ചെയ്തു കുടുങ്ങിയിട്ടാണ് ഈ ജീവൻ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അധ്യാത്മമാർഗത്തിൽ വരുമ്പോ ആരെങ്കിലും ലോകത്തിലെ എവിടെയെങ്കിലും ഒരാളെങ്കിലും ശാന്തമായിട്ട് ഇരിക്കൂന്ന് പറയാൻ വേണ്ടേ ഇവിടെ വന്നാൽ നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ അവിടെ പോകൂ ഇവിടെ പോകൂ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ എവിടെ വിശ്രാന്തി അനേക ജന്മം കൊണ്ട് തപിച്ചിട്ടുള്ള ജീവന് ജനവിശ്രാന്തിദായിനി ബ്രഹ്മവിദ്യ ആവുന്ന ആ ജഗതീശ്വരി വിശ്രാന്തി കൊടുക്കും വിശ്രമം വിശ്രമം എന്ന് വെച്ചാൽ ആന്തരികമായ വിശ്രമം ശാന്തി നൈഷ്കർമ്മ്യ സ്വരൂപമായ ബ്രഹ്മവിദ്യയെ കൊടുക്കണം വിശ്വയോഗീശ്വരം പറയണത് അതാണ് നയോജയേത് കർമ്മസു കർമ്മ മൂഢാൻ അധ്യാത്മമാർഗത്തിൽ പുരോഗമിക്കണം എന്ന് പറഞ്ഞ് വന്നവനെ പിന്നെയും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആരു ഉപദേശിക്കണോ അവര് അഗാധമായ പടുകുഴിയിൽ പിടിച്ച് തള്ളിവിടുകയാണ് ഈ ജീവനെ ഈ ജീവന് ബ്രഹ്മവിദ്യയെ ഉപദേശിക്കാതെ ഗർത്തം ഗർത്തത്തിൽ തള്ളുന്നതിനു തുല്യമാണ് അതാണ് അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ ജീവൻ ഉണ്ടാവും അതുകൊണ്ട് ബ്രഹ്മവിദ്യയിൽ പരിശ്രമിക്ക ആത്മാവിനെ അറിയാൻ ശ്രമിക്കാം ഏ അതിന് പലരും തടസ്സമായിട്ട് നിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ആരാ തടസ്സമായിട്ട് നിക്കണത് ഞങ്ങളുടെ അച്ഛൻ അച്ഛനെ അങ്ങോട്ട് മാറ്റി നിർത്താം ഋഷഭയോഗീശ്വരൻ അല്ലാതെ വേറെ ആരും ഇത്ര ധൈര്യത്തോടെ പറഞ്ഞില്ല ഏ അമ്മ രാവിലെ എണീറ്റ് ജപിക്കാനിരിക്കുമ്പോ ചീത്ത പറയണു അമ്മയെ അങ്ങോട്ട് മാറ്റി നിർത്താം ഭർത്താവ് വഴിയിൽ വരണു ഭർത്താവിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം മക്കളെ നടുവിൽ വരണു മക്കളെ അങ്ങോട്ട് പോവാൻ പറയാ അവസാനം ഗുരു ഗുരുവാണെങ്കിലും ശരി തനിക്ക് മോക്ഷമാർഗത്തിൽ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം അയാള് ഗുരുവല്ല നമസ്കരിച്ചിട്ട് മാറാൻ പറയാം ഈ ജീവന് മുന്നോട്ട് പോകണം ഗുരുന സിതാന സാനനീന സാത് ഇനി അടുത്തതാണേ ഞങ്ങൾക്ക് ആത്മവിചാരം ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ദൈവപൂജ ഇതിന് തടസ്സമായിട്ട് നിൽക്കണു വച്ചാൽ ആ ദൈവത്തിനെ ഞങ്ങട് മാറ്റി നിർത്താന്ന് ദൈവം ചിലപ്പോ ദൈവം പോലും നടുവിൽ വന്നു നിക്കുവാ അതായത് ദൈവത്തിനോടുള്ള നമ്മളുടെ കൺസെപ്റ്റ് അല്ലാതെ ദൈവമല്ല നമ്മള് ദൈവം എന്ന് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ നമ്മളെ ഇവിടെ ദൈവം എന്നുള്ളതിന് വിധി എന്നും അർത്ഥം നമ്മുടെ വിധി വിധി ജ്ഞാനത്തിനു തടസ്സമല്ല വിധി ലോകത്തിന് തടസ്സം ഒരുപക്ഷെ പണം ഉണ്ടാക്കാൻ വിധി തടസ്സമായിരിക്കും എത്ര ശ്രമിച്ചാലും നടക്കില്ല പക്ഷെ ആത്മജ്ഞാനത്തിന് മാത്രം വിധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാറ്റി നിർത്തി മുന്നോട്ട് പോവാം വിധിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല അപ്പൊ ന ദൈവം എല്ലാത്തിനും ഉദാഹരണം പ്രഹ്ലാദനെ അച്ഛൻ തടസ്സം ചെയ്തു അച്ഛനോട് വിരോധമൊന്നും പ്രഹ്ലാദനില്ല പക്ഷെ ഭഗവത് ഭജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ അച്ഛനൊരു നമസ്കാരത്തോടുകൂടി അച്ഛനെ അവഗണിച്ചു അമ്മ കൈകേകി ഭരതനെ തടസ്സം ചെയ്തു അമ്മയ്ക്ക് ഒരു നമസ്കാരത്തോടുകൂടെ അല്ല ചീത്തയോടുകൂടെ തന്നെ അമ്മയെ മാറ്റിവെച്ചു ഭരതൻ രാവണൻ വിഭീഷണനെ തടസ്സം ചെയ്തു വിഭീഷണൻ രാവണനെ മാറ്റിവെച്ച് ഭഗവാന്റെ അടുത്ത് രാഘവം ശരണം കഥ ഗോപസ്ത്രീകൾക്ക് ബന്ധുക്കളും ഭർത്താക്കന്മാരും തടസ്സമായിട്ട് നിന്നു അവരെയൊക്കെ മാറ്റിവെച്ച് ഭഗവാന്റെ അടുത്തേക്ക് പതിസുത്താൻവയ ഭ്രതൃഭാന്ധവാൻ അതിവിലങ്ക അന്ത്യ അച്യുതാഗതാ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ അവിടുത്തെ അടുത്തേക്ക് വന്നിരിക്കുന്നു അപ്പൊ ജീവന്റെ പരമമായ ലക്ഷ്യം ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ ആത്മസാക്ഷാത്കാരം ബാക്കിയൊക്കെ എത്ര കാലത്തേക്ക് എത്ര ജന്മത്തിൽ എത്ര പതി എത്ര ബന്ധുക്കള് എത്ര അമ്മ എത്ര അച്ഛൻ ഇതിൽ വിരോധഭാവത്തിലല്ല ഋഷഭയോഗീശ്വരൻ പറയണത് ആരാ ഏത് അമ്മയാണോ ഒരു കുട്ടിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി തെളിച്ചു കൊടുക്കുന്നത് ആ അമ്മയാണോ അമ്മ ഏത് അച്ഛനാണോ ഒരു കുട്ടിക്ക് ഈശ്വരന്റെ അടുത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആ അച്ഛനാണ് അച്ഛൻ ഏത് ബന്ധുക്കൾ ഇതിനു സഹായമായിട്ടിരിക്കുന്നു ആ ബന്ധുക്കളാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ അവരെ കണ്ടാൽ മൂർഖം പാമ്പു പോലെ പേടിച്ചോടണം അത്രയും ഭുജങ്കാതിവ ത്രാസം യോ വിധദാതി അപ്പോ അങ്ങനെ ധൈര്യത്തോടുകൂടിയുള്ള ഉപദേശം ഋഷഭ യോഗീശ്വരൻ അങ്ങനെ ഉപദേശിച്ചു പറഞ്ഞു മക്കളെ നിങ്ങള് ഭഗവാനെ ആത്മ ശ്രമിക്കുക എന്ന് പറഞ്ഞ് സദസ്സ് നിന്നങ്ങടെ ഇറങ്ങി ഒരു പോക്ക് പോയി അദ്ദേഹം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ സദസ് ഇറങ്ങി ഒരു പോക്ക് പോയി ായി അതും ഇല്ല കൗവീനവും ഇല്ല ദിഗംബരൻ ദിഗംബരനായിട്ട് അങ്ങട്ട് നടന്നു എന്താ ചര്യന്ന് വെച്ചാൽ ഗോമൃഗ കാക്ക ചര്യാണ് പശുവൊക്കെ നടക്കില്ലേ പുല്ല് തിന്നാനായിട്ട് ഇങ്ങനെ കൊറേ പുല്ല് കഴിക്കുമ്പോൾ ഒരിടത്ത് കിടക്കും ഇതുപോലെ അങ്ങട്ട് നടത്തും എവിടെങ്കിലും ഒക്കെ നടക്കും ആളുകൾ ഭ്രാന്തനാണെന്ന് പറയും ചിലർ യോഗിയാണെന്ന് പറഞ്ഞു പൂജിക്കും അങ്ങനെ നടക്കും കിട്ടിയത് കഴിച്ചോളും ഇന്നതെന്നൊന്നുമില്ല എന്താ കിട്ടിയതെന്ന് അതൊക്കെ കഴിച്ചോളും തനിക്ക് യാതൊരു നിയമവും ഇല്ല യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ അദ്ദേഹം അങ്ങനെ ആ കൈവല്യപതി അങ്ങനെ അങ്ങോട്ട് നടന്നു ജഡാന്തോന്മാദഗവത് അവധൂതേഷോ അഭിഭാഷ്യമാണോ ഗൃഹീത മൗനവ്രതഹ തൂഷണീം ബഭൂവ ഈ ഉപദേശത്തോടുകൂടെ ഉപദേശമൊക്കെ കഴിഞ്ഞു ഇനി ആളുകള് അഭിഭാഷ്യമാണ അപി ആരെങ്കിലും ഒക്കെ ചോദിച്ചാ ഒന്നും പറയില്ലാന്ന് ഗൃഹീത മൗനവ്രതാ തൂഷ്ണീം മൗനവ്രതം സ്വീകരിച്ച് മിണ്ടാതായി ആളുകൾ എന്തെങ്കിലും ആഹാരം കൊടുത്താൽ കഴിക്കുമില്ലെങ്കിൽ ഇല്ല ആഹാരമൊന്നും അദ്ദേഹത്തിന് വേണ്ട അതിനുമൊക്കെ കടന്നുപോയി യോഗാവസ്ഥ അടയോഗിയും കൂടിയാണ് എവിടെയെങ്കിലുമൊക്കെ മലമൂത്ര വിസർജനം ചെയ്യും എന്നാണ് മലമൂത്ര വിസർജനം ചെയ്താൽ നാറില്ല അത്രേ എത്രയോ യോജന ചുറ്റുവട്ടാരം സുഗന്ധം പരക്കും എന്നാണ് ആ ശരീരം മുഴുവൻ ദിവ്യമായി ശരീരമേ ദിവ്യമായി ഇതൊന്നും വിഷപയോഗീശ്വരന്റെ കഥ മാത്രമാണ് ധരിക്കേണ്ട ഒരു നൂറ് വർഷം മുമ്പ് രാമകൃഷ്ണ പരമവംസരുടെയൊക്കെ സമയത്ത് കാശിയില് ഏകദേശം ഇതേപോലെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മഠം അവിടെ ഉണ്ട് ത്രൈലിംഗ സ്വാമി എന്ന് പേര് രാമകൃഷ്ണ ആശ്രമത്തിൽ ഒരു എട്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പ്രകാശിപ്പിച്ചിരുന്നു ഇപ്പൊ കിട്ടാനുണ്ടോന്ന് അറിയില്ല ത്രൈലിംഗ സ്വാമി ചരിത്രം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഉണ്ടായിരുന്നു പുസ്തകം കാശിയിൽ പോയാൽ അദ്ദേഹത്തിന് മഠം നമുക്ക് കാണാം കണ്ട ഭീമാകാരമായിരിക്കും വലിയ രൂപം അദ്ദേഹവും രാമകൃഷ്ണ പരവംസനും കൂടി ഇരിക്കുന്നതായിട്ടൊരു ചിത്രം പോലും ഉണ്ട് ഇരുന്നൂറ്റി എൺപത് വർഷത്തോളം അദ്ദേഹം എല്ലാരും അറിയ ജീവിച്ചിട്ടുണ്ട് കാശിയിൽ നടമാടുന്ന വിശ്വനാഥനായിരുന്നു ചിലപ്പോൾ ഗംഗയുടെ മുകളിൽ എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ചിലപ്പോൾ ഗംഗയുടെ അടിയിൽ കിടക്കും ശരീരം മുഴുവൻ ഗംഗാജലമാക്കും ചിലപ്പോ കുറെ കാലത്തേക്ക് കാണില്ല ചിലപ്പോ ഇങ്ങനെ നടക്കും അവിടെ അദ്ദേഹത്തിന്റെ ചരിത്രമേ ഈ ഋഷഭയോഗീശ്വരന്റെ ചരിത്രം പോലെ തന്നെ അദ്ദേഹം ആ വസ്ത്രം കൊടുക്കാതെ നടക്കണോന്ന് പറഞ്ഞു വെള്ളക്കാരുടെ കാലമാണല്ലോ ജയിലിൽ പിടിച്ചിട്ടു അദ്ദേഹത്തിന് ജയിലിൽ പിടിച്ചിട്ടിട്ട് ഓഫീസറോട് അവിടുത്തെ സാധുക്കളൊക്കെ പറഞ്ഞിരുന്നു അത്ര അദ്ദേഹം മഹായോഗിയാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത് പക്ഷെ ആരോ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരെ പിടിച്ചകത്തിട്ടുണ്ട് സ്വാമികൾ കൂടെ പോയി എത്രയുള്ളു അത് കഴിഞ്ഞപ്പോ അവിടുത്തെ പോലീസുകാർ പേടിച്ച് ഓടി കൊണ്ടുവന്ന അവിടുത്തെ ആ പോലീസ് ഇൻസ്പെക്ടർ ജനറലിനോട് വന്ന് പറഞ്ഞു ഞങ്ങള് നല്ലവണ്ണം പൂട്ടിയതാണ് ഇദ്ദേഹം ആ പുറത്തെ നദി ഗംഗകരയിൽ നടന്നുകൊണ്ടിരിക്കണു നല്ലവണ്ണം പൂട്ടിയതാണെന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ വന്ന് ഇവര് കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും ജയിലിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹത്തിന് കമ്പിയൊന്നും പ്രശ്നമല്ല സിദ്ധിയല്ലാതെ സിദ്ധിയല്ല സിദ്ധിയൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇത് സിദ്ധിയൊന്നുമല്ല ഇത് അതീതമായ അവസ്ഥയിൽ സർവചരാചരവും അവർക്ക് ബ്രഹ്മമയം അവർക്ക് അറിയണയില്ല ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് വിഷമയോഗീശ്വരന് അനേക സിദ്ധികൾ വന്നു അത്ര സിദ്ധിയും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആകാശഗമനം പരകായ പ്രവേശം മുതലായ സിദ്ധികളൊക്കെ വന്നിട്ട് അതൊന്നും മനസ്സുകൊണ്ട് ഗണിച്ചതേ അല്ല പരീക്ഷിച്ച് ചോദിച്ചു മഹർഷിയോട് അല്പസ്വല്പം ഇങ്ങനെയുള്ള അതീതന്മാർക്ക് സിദ്ധിയെ ശ്രദ്ധിച്ചാൽ തന്നെ ഇപ്പൊ എന്തു വന്നു പോവാനാ ശുഖാചാര്യർ പറഞ്ഞു അരുത് പരീക്ഷിത്തെ അങ്ങനെ ഒരു ചിന്ത പോലും വരരുതുന്നു എന്തിന് സിദ്ധി സിദ്ധിയുടെ അടുത്ത് ആത്മാവിനോട് രമിക്കേണ്ടവൻ സിദ്ധിയില് രമിക്കണത് പതിവ്രതയായ ഒരു സ്ത്രീ പതിയെ വിട്ട് പരപുരുഷന്റെ കൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാവോ അത്ര നീചമാണോന്ന് തോന്നുന്നു അപ്പൊ എന്തിനു വേണ്ടി അതിന്റെ പുറകെ പോണം വിശ്രംഭാത് ചിരാ ചീർണം ചസ്കന്ദരം ഈശ്വരനു പോലും മോഹിനിയുടെ പുറകിൽ പോയിട്ട് ആ തപസ് അല്പം ഷയിച്ചു എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരെ എന്തു പറയാനുണ്ട് അപ്പൊ അതിനെ ഒന്നും പറയാനില്ല അങ്ങനെയുള്ള ഋഷഭയോഗീശ്വരൻ ഇങ്ങനെ നടന്ന് നടന്ന് കുടകാചലത്തില് ദക്ഷിണ കർണാടക ദേശത്തിലെ കുടകാജലത്തിലെ ആ കാടുകളില് പോയി ആ കാട്ടിലിങ്ങനെ കാട്ടുതീ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു മുക്തമൂർദ്ധജനായിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കടന്നു ശരീരം അവസാനിക്കാനുള്ള കാലമായി ആ കാട്ടു തീയിന്റെ ഉള്ളിലേക്ക് ശരീരം ചോട്ടിലിട്ടു നമുക്ക് ബോംബെയിലേക്ക് പോകുമ്പോ ഈ കൊങ്കൻ വഴി പോകുമ്പോൾ അവിടെ മുഴുവൻ ഇപ്പോഴേ കാടാണ് അങ്ങനെ പോകുമ്പോഴൊക്കെ ഇത് ഓർമ്മ വരിക ഋഷഭയോഗീശ്വരൻ അവിടെ എവിടെയോ ആണ് കാട്ടിന്റെ ഉള്ളില് കാട്ടുതിയുടെ ഉള്ളിൽ പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പുത്രനാണ് ഭരതയോഗീശ്വരൻ ഭരതനെ കാരണം നമ്മുടെ നാട്ടിന് ഇന്ന് ഭാരതം എന്ന് പേര് ഭരതന്റെ ചരിത്രം ഭട്ടതിരി എന്തുകൊണ്ടോ വിട്ട് കളഞ്ഞു അതുകൊണ്ട് നമ്മളും ഇവിടെ വിട്ടുകളയാം നാരായണീയത്തില് ഭരതചരിത്രം ഇല്ല അഞ്ചരാമദീക്ഷിതർ ഭരതചരിത്രത്തിന് രണ്ട് ദശകങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് നാരായണീയത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് പക്ഷെ ഇവിടെ നാരായണീയത്തില് നമുക്കതില്ല ഭരതചരിത്രം ഏറ്റവും അത്ഭുതം ജഡഭരതചരിത്രം പറഞ്ഞിട്ടാണ് പരീക്ഷത്തിന് ശ്രീസുഖബ്രഹ്മ മഹർഷി ഹേ ഉത്തരാമാതഹ എന്ന് സംബോധന ചെയ്യാം ഉത്തരയെ അമ്മയായി കിട്ടാൻ ഭാഗ്യം ചെയ്തവന് അതുകൊണ്ടാണ് തനിക്ക് ഭരതചരിത്രം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് അങ്ങനെയുള്ള ഭരതചരിത്രത്തിന് ഭാഗവതകാരൻ ഇവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് പഞ്ചമസ്കന്ധത്തെ വർഷങ്ങളും ദ്വീപുകളും ഭൂഗോളങ്ങളും പിന്നെ ഓരോ ഖണ്ഡങ്ങളും അവിടെയുള്ള ദേവതകളെയും കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ പഞ്ചമസ്കന്ധം കഴിഞ്ഞ് ആറാമത്തെ സ്കന്ധം ആരംഭത്തില് അജാമിളോപാഖ്യാനം കഥയാണ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങും ഇപ്പൊ സമയം പത്തെ അമ്പതായി ഇപ്പൊ തുടങ്ങി അങ്ങടില്ല അങ്ങടില്ലാന്ന് നിൽക്കും ഒരു അഞ്ചു മിനിറ്റ് സമയം കൊടുക്കും